குருதேவன் காணும் சதாசிவர்ஷனம் ஒன்றாம் ஸ்லோகப்பிரகாரம் இது நிணமணியத்த நிணம் ரத்தம் எவடைச்சாலும் குருதி உண்டு மலையாளம் குருதிருதம் குருசி സംസ്കൃതീകരിച്ച മലയാളം അങ്ങനെ പറയുന്നതാണ് ശരി ഏതിലും ഹിംസയുണ്ട് വിഷയത്തിൽ ബന്ധപ്പെട്ടാൽ ഒന്നിനെ ഹിംസിക്കാതെ അടുത്തതിലേക്ക് കടക്കാനാവില്ല അങ്ങനെ കടക്കാവുന്ന ഏതെങ്കിലും വിഷയലോകമില്ല അങ്ങനെ ഗുരുതി ഇല്ലാത്ത ഒരു ലോകം ഉണ്ട് യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധിയിൽ ആനുപാതികമായി അനുഭവിക്കുന്ന സമാധിയിലൂടെ എത്തിച്ചേരുന്ന ഒരവസ്ഥ അല്പം പോലും ഹിംസയില്ലാത്ത അവിടെയും ഇവിടെയും അന്നും ഇന്നും ഹിംസയില്ലാത്ത ലോകം അന്നും ഇന്നും പണ്ടുമില്ല ഇപ്പോഴുമില്ല പണ്ട് ഇന്ന് എന്ന ഭേദം തന്നെ കാലത്തിൽ ഉണ്ടാകുന്നത് വിഷയബന്ധം കൊണ്ടാണ് കാലമാകെ ഒന്നേ ഉള്ളൂ അത് ശുദ്ധമായ വർത്തമാനമാണ് വിഷയങ്ങളുടെ ആന്തരികവും ഭൗതികവുമായ ആപേക്ഷികതയിലാണ് ഭൂതവും ഭാവിയും വർത്തമാനവുമെന്ന് കാലം തിരിയുന്നത് ബാഹ്യമായി തിരിയുന്നത് അതിൻ്റെ മൂമെൻറ്റിലോ അതുപോലുള്ള ഒന്നിലിരിക്കുന്ന ക്വാഡ്സിൻ്റെ വൈബ്രേഷനിലോ ഒക്കെയാണ് അത് അവലംബമാക്കുന്നത് ഭൂമി എന്ന ഗോളത്തെയും സൂര്യൻ എന്ന ഗോളത്തെയും അവലംബിച്ചാണ് സെക്കൻഡിൽ പതിനെട്ട് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ അറിയുന്ന ഒരു ഉപകരണത്തിൽ ഇവിടെ നിന്ന് പടിഞ്ഞാറേക്ക് നിങ്ങൾ യാത്ര ചെയ്യുമെങ്കിൽ നിങ്ങൾക്ക് സമയമില്ല അന്ന് ഇന്ന് എന്ന രണ്ട് സംജ്ഞയില്ല അതിനാകെ വേണ്ടതൊരു ഉപകരണേ വേണ്ടു സെക്കൻഡിലൊരു പതിനെട്ട് കിലോമീറ്റർ വേഗത പോകണം മനസ്സിലായോന്നറിയില്ല മനസ്സിന് ഭാവനയ്യാറിയാവിൽ ഭൂമിയുടെ പരിക്രമത്തിന് ഏത് സ്പീഡാണോ ആ സ്പീഡിലൊരു വാഹനം എവിടുന്ന് പടിഞ്ഞാറോട്ട് പോയാൽ നിങ്ങൾ പന്ത്രണ്ട് മണിക്കാണ് ആന്തരികമായുള്ള കാലം സൈറ്റോക്രോമിനെ ആസ്പദമാക്കിയ സെല്ലുലർ ക്ലോക്ക് നിങ്ങളുടെ കോശത്തിൻ്റെ മാപിനി കോശമാപിനിയെ ആസ്പദമാക്കിയ അതാണ് നിങ്ങൾക്ക് ബാല്യവും കൗമാരവും യൗവനവും വാർദ്ധക്യവും ഒക്കെ തരുന്നത് അതിൽ നിന്നാണ് നിങ്ങൾ അന്ന് ഇന്ന് എന്നൊക്കെ പറയുന്നത് അന്നത്തെ ഞാൻ ഇന്നത്തെ ഞാൻ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഞാൻ മാറാതെ നിപ്പുണ്ട് അത് കോശ അന്തരസ്ഥിതമല്ല അവിടെയും ആപേക്ഷികമാണ് അന്നും ഇന്നും അങ്ങും ഇങ്ങും എവിടെയും എന്നും മാറ്റമില്ലാതെ ഹിംസയില്ലാതെ നിലകൊള്ളുന്ന സത്യം ആനന്ദസാന്ദ്രമായ ആ സത്യം കോമളക്കുടം പ്രാചീന പദങ്ങളാണ് കോമളക്കുടം തങ്കക്കുടം സാധാരണ മലയാള പദം ഒരമ്മ കുഞ്ഞിനെയൊക്കെ വിളിച്ചിരുന്ന അങ്ങനെയാണ് തങ്കക്കുടമേ എന്നൊക്കെയാണ് വിളിച്ചിരുന്നത് അപ്പം പച്ച മലയാളമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിന് വ്യാഖ്യാനം വേണ്ടി വരുന്നതെന്ന് പറയുന്നതാണ് രസം ഹൃദയത്തോട് ചേർന്നൊരു ഭാഷയാണ് പഴയ കാലത്ത് ഒരു കുഞ്ഞിനെ എടുത്തിട്ട് എൻ്റെ അങ്കക്കുടമയെന്ന് വിളിച്ചാൽ അവനൊരു ചിത്രം ഉണ്ടാവും അവന് പെട്ടെന്ന് ആ അമ്മയുടെ ലോകത്താവും അവരൊറ്റ വെളിമതിയാവും അവൻ്റെ സകല പ്രശ്നങ്ങളും തീരും ഒരു കൊച്ചുകൂട്ടി വലിയ വഴക്കൊക്കെ ഉണ്ടാക്കി നീക്കുകയാണെങ്കിൽ ഓടിച്ചെന്നെടുത്ത് കെട്ടിപ്പിടിച്ച് എൻ്റെ തങ്കക്കുടമയെന്ന് പറഞ്ഞ് ഒരു നാലഞ്ച് ചുംബനമൊക്കെ കൊടുത്തു കഴിയുമ്പോഴേക്ക് അവനെ പ്രതിസന്ധിയൊക്കെ മറന്നു അവൻ നശിപ്പിക്കാൻ ഒരുങ്ങിയ സാധനങ്ങൾ മറന്നു പോവും അവൻ അമ്മയുടെ വാക്കുളവാക്കിയ ഒരു ലോകത്തിനകത്ത് ബന്ധിക്കപ്പെടും നേരത്തെ അവൻ നിന്ന ലോകമൊക്കെ അവിടെ ില്ലതായി പെട്ടെന്ന് അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു പദവാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഈശ്വരൻ എന്ന സജ്ഞയ്ക്ക് പകരമാണ് സമാധിയിലറിയുന്ന അനുഭവവേദ്യമാകുന്ന അനുഭൂതിക്ക് പകരം ഉപയോഗിച്ചിരിക്കുന്ന അതിൽ വരുന്ന ഭാവഭേദങ്ങളാണ് ലോകമെന്നും സൂചിതമാണ് ഗുണം നിറഞ്ഞ കോമളക്കുടം ഈ ലോകം ഉണ്ടാകുന്നത് സൃഷ്ടിവൈചിത്രം ഉണ്ടാകുന്നത് അതിൽ നിന്നാണ് ആ ബോധത്തിൽ നിന്നാണ് മംഗളമായ ചിച്ചക്കൃതിയിൽ നിന്നാണ് ഈ ലോകം ഉണ്ടാകുന്നത് അത് ഉണ്ടാകുന്നത് സത്വ രജ തമസുകൾക്ക് കാരണമാണ് ആദ്യം ഗുണങ്ങളാണ് ഉണ്ടാകുന്നത് മൂല തത്വം അതിനെ വിഭജിക്കുന്ന മഹത്തത്വം അഹങ്കാരം അഹങ്കാരം സാത്വികം രാജസം താമസം അതിലെ താമസ അഹങ്കാരം ഈ ബോധത്തെ മൂടും ഞാനങ്ങനെ ആനന്ദിച്ചിരിക്കുകയാണ് അപ്പോൾ എൻ്റെ തമസ് എന്നെങ്ങ് മൂടും മൂടിക്കഴിഞ്ഞാൽ ഞാനെന്ന ഭാവം ഭാര്യ മക്കൾ വീട്ടുകാർ ചുറ്റുപാടുകൾ വസ്തുക്കൾ ആയി എൻ്റെ രജസ് സൃഷ്ടിക്കും എൻ്റെ സത്വം എന്നെയും അതിനെയും സമ്മേളിപ്പിക്കും ഇങ്ങനെയാണ് എല്ലാ സുഖദുഃഖങ്ങളും ഉണ്ടാകുന്നത് ഞാനെൻ്റെ ബോധത്തെ മൂടാൻ തമസിനെ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ ഞാനായിട്ടിരിക്കും ഏത് വസ്തു നിങ്ങൾക്ക് സുഖമോ ദുഃഖമോ ഉണ്ടാക്കണമെങ്കിലും ഇതം വൃത്തി മുതൽ അഹം വൃത്തി വരെ പരിണമിക്കണം അത് നടക്കുന്നത് വിചാരത്തിലല്ല അറിഞ്ഞല്ല അതുകൊണ്ടിത് വികാരത്തിലാണ് നടക്കുന്നത് ഒരാഹാരം അമ്മ വിളമ്പി വെച്ചിരിക്കുകയാണ് ആ വിളമ്പി ആഹാരത്തെ നോക്കി ഇതെന്ത് എന്ന് ചോദിക്കും ഉത്തരക്ഷണത്തിൽ നിങ്ങളുടെ ബോധം മറിഞ്ഞ് നിങ്ങളാ ചമ്മന്തിയായി മാറും ഇങ്ങനെയാ ചമ്മന്തി ഉണ്ടാക്കുന്നത് ഇപ്പം നിങ്ങൾ ആ ചമ്മന്തിയായി താതാത്മ്യം പ്രാപിച്ചു ഇനി നിങ്ങളും ചമ്മന്തിയും രണ്ടല്ല അത് നിങ്ങളുടെ ദുഃഖത്തിൻ്റെയോ സുഖത്തിൻ്റെയോ വസ്തുവായി ഇപ്പം നിങ്ങളുടെ സാത്വികം ചമ്മന്തിയെയും നിങ്ങളെയും സമ്മേളിപ്പിക്കുകയും ചെയ്തു അപ്പോൾ ആദ്യം നിങ്ങളെ മറച്ച അജ്ഞാനം തമസ് രണ്ട് ചമ്മന്തിയെ ഉൽപ്പന്നമാക്കിയ നിങ്ങളുടെ രജസ് മൂന്ന് ചമ്മന്തിയാണ് നിങ്ങളെന്ന് നിരൂപിച്ച നിങ്ങളുടെ സത്വം ഈ മൂന്ന് ഗുണങ്ങളും വൈകാരികമാണ് സുഖങ്ങളും ദുഃഖങ്ങളുമായ പ്രാപഞ്ചിക അവബോധം മുഴുവൻ ഈ ബോധത്തിൽ നിന്നുണ്ടാകുന്നതിനാൽ ഇതിൻ്റെ കാരണമെല്ലാം ഇതുതന്നെയാണ് നീയാണ് നിന്റെ സുഖദുഃഖങ്ങൾക്കും നിന്റെ പ്രപഞ്ചത്തിനും കാരണം നീ താതാത്മ്യം പ്രാപിക്കാത്ത ഒന്നും നിന്നെ സുഖിപ്പിക്കുകയോ ദുഃഖിപ്പിക്കുകയോ ചെയ്യുന്നില്ല അതുകൊണ്ട് നിണമണിയാത്ത ഹിംസിക്കാത്ത ആ സദാശിവനെ തന്നെ എനിക്ക് ദർശിക്കണം എന്നു സൂചന അപ്പോൾ ശബ്ദ സ്പർശ രൂപ രസ ഗന്ധങ്ങൾ ഓരോന്നും വേറെ വേറെയായി പൃഥ്വി അപ്പ് തേജസ് വായു ആകാശമെല്ലാം ചേർന്ന് അനുഭവവേദ്യമാകുന്ന ഈ വിഷയങ്ങൾ അറ്റ് വിഷയങ്ങളില്ലാതായിട്ട് മായി ദൃക്കിലമർന്ന് ഇണങ്ങി നിൽക്കുന്ന ഏകാഗ്രമായി തീർന്ന് ഞാനെന്ന ബോധത്തിലമർന്ന് നിൽക്കുന്ന ഉൾക്കുരുന്ന് അന്ധക്കരണം തപിപ്പിച്ച് ഉരുക്കി സമാധിയിൽ നെക്കി നക്കിടും ചുരുങ്ങി അനുഭവിക്കും സമാധിയിൽ ചുരുങ്ങി ഈ സദാശിവനെ അനുഭവിക്കും ഗുണം നിറഞ്ഞ സത്വരജസ്തമസുകൾക്ക് കാരണമായ ആനന്ദസാന്ദ്രമായ ഭഗവത് സ്വരൂപത്തിൽ കോമളക്കുടത്തിൽ അന്നും ഇന്നും കാലങ്ങളിൽ വർത്തമാനഭൂതഭാവികളിൽ ഒന്നും അന്നും ഇന്നും അങ്ങുമെങ്ങും ഒരിടത്തും ഒരിക്കലും ഹിംസയില്ല ദുഃഖങ്ങളില്ല ആനന്ദം മാത്രമേ ഉള്ളൂ അപ്പം സഗുണവും നിർഗുണവുമായ ഭഗവത് സ്വരൂപം ചിത്തവൃത്തികളെ നിരോധിച്ച് സമാധിയിൽ അനുഭവമാകും ഒന്നാം പാദം ഈശ്വരനെ അനുഭവിക്കണമെങ്കിൽ ചിത്തവൃത്തികളെ നിരോധിച്ച് समाधि सधि पर्यत मन ऐग्रता इत मन अव लश शब्दर्श रूपरसग्रंथाद വിഷയങ്ങളിലൂടെയുള്ള ആ പരക്കം പാച്ചിൽ നിലയ്ക്കണം അതിന് ഈശ്വരനെ സദാശിവനെ അനുഭവിക്കാൻ വിഷയങ്ങൾ അവസാനിക്കണം അതിനുള്ള വഴിയോ ഇന്ദ്രിയ നിഗ്രഹമാണ് കളങ്കവും ഹിംസയുമില്ലാത്ത സദാശിവരൂപമാണ് ഭഗവാൻ്റേതെന്ന് അപ്പോൾ തെളിയും അപ്പോൾ പുരാണങ്ങളിലൊക്കെ നോക്കിയാൽ ഭഗവത് സ്വരൂപം വർണ്ണിച്ചിരിക്കുന്നത് ഹാലാഹല വിഷം തുടങ്ങി പലതോടുകൂടിയതായിട്ടാണ് ഗുരുദേവൻ ഇവിടെ പറയുന്നത് സദാശിവം മംഗളം മാത്രമാണെന്നാണ് അമംഗളമായ ഒന്നുമില്ലെന്നാണ് പൂർണ്ണമംഗളമാണ് അത് അനുഭവിക്കണമെങ്കിൽ ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കണം മനസ്സേകാഗ്രമാക്കണം അപ്പോൾ നിർഗുണമായ ഭഗവത് സ്വരൂപം തെളിയും അതിലാണ് ഗുണങ്ങളും വിശ്വവും ഉണ്ടാകുന്നത് പറയുമ്പോൾ ഭക്തനൊരു സംശയം തോന്നാം അത്ര നിർഗുണമാണോ ഈ സ്വരൂപം പുരാണപ്രസിദ്ധനായ ശിവൻ കാളകൂടം ഭജിച്ചു നിൽക്കുന്നവനാണ് പാമ്പിനെ അണിയുന്നവനാണ് ആനത്തോലും പുലിത്തോലുമൊക്കെ ഉടുക്കുന്നവനാണ് പല്ലിത്തോൽ ആടയാം യസ്യസ്യ പന്ത്രണ്ടരപ്രയ കോണച്ചേട്ടാവിതാനസ്യ അർദ്ധാർത്ഥം നമോ നമ എന്ന് തോലൻ്റെ കവിതയെങ്കിലും കേട്ടിട്ടുണ്ടാവും അതെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വേറെയും കേട്ടിട്ടുണ്ടാവും പണ്ടം പന്നകമാണ് ശിവനെ ചിത്രം വിചിത്രം തവ അങ്ങനെയുള്ളതെല്ലാം മംഗളമാണെന്ന് ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നു അത്ര ശരിയാണോ ഗുരുദേവൻ തന്നെ മറുപടി പറയുകയാണ് അടുത്ത ശ്ലോകത്തിൽ അടുത്ത പുരാണങ്ങളും മറ്റുള്ളവരും എഴുതിയ ശിവസ്വരൂപം കളങ്കരഹിതമാണോ അതിന് മറുപടി പറയുക കളം കറുത്ത കൊണ്ടുണ്ടിരുണ്ട കൊണ്ട കണ്ടഴും എത്ര നല്ല പദങ്ങളാണ് എത്ര ചേർച്ചയാണെന്ന് നോക്കണം കളം കറുത്ത കൊണ്ട കണ്ടഴും കളങ്കമുണ്ട കണ്ടനെങ്കിലും കനിഞ്ഞുകൊള്ളുവാൻ ഇളം പിറക്കൊഴുന്നിരുന്നു മിന്നുമുന്നതം തലക്കുളം കവിഞ്ഞ കോമളക്കുടം ചുമന്ന കുഞ്ചരം കളം കറുത്ത കൊണ്ടലുണ്ടിരുണ്ട കൊണ്ട കണ്ടെഴും ഇരുന്നു മിന്നുമുന്നതം തലക്കുളം കവിഞ്ഞ കോമളക്കുളം ചുമന്ന കുഞ്ചരം കളം കറുത്ത കൊണ്ടൽ കഴുത്ത് കാർമേം പോലെ ഇരുണ്ട് കാണുന്നു കാരണം കാളകൂടമൊക്കെ ഭക്ഷിച്ചതാണ് നീലകണ്ഠനാണ് ആ കാർമേഘം പോലെ ഇരുണ്ട കഴുത്തോടുകൂടിയവൻ ഗളത്തോടുകൂടിയവൻ കളം പ്രാചീനപദം ഗളം എന്നതിൻ്റെ പ്രാചീന ശബ്ദം ഇരുണ്ട കൊണ്ട കണ്ട് കറുത്ത കേശഭാരം കണ്ട് കൊണ്ട കൊണ്ട കെട്ടുക എന്നൊക്കെ പറയും പഴയ പദമാണ് ഇപ്പോൾ ഉപയോഗത്തിലില്ല സ്ത്രീകൾ ക്യാശമൊക്കെ കെട്ടി വെക്കുമ്പം കൊണ്ട കെട്ടുക എന്നാണ് പണ്ട് പറയാ മലയാളിയുടെ സ്വതസിദ്ധങ്ങളായ പദങ്ങളൊക്കെ പോയി ഇപ്പോൾ അങ്ങനത്തെ പദങ്ങളൊന്നും ഉപയോഗത്തിലില്ല പഴയ ആളുകളുണ്ടെങ്കിൽ പ്രായമായവരുണ്ടെങ്കിൽ അമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും അത് കൊണ്ട കെട്ടിയിട ഇട കുളിച്ച ഉടനെ കൊണ്ട കെട്ടുമോ എന്ന് ചോദിക്കും കുളിച്ചുടനെ മുടി കെട്ടിയാൽ നാറും ആ വെള്ളം വാർന്നു പോയിട്ട് വേണം കെട്ടാൻ മാത്രമല്ല അത് പല രോഗങ്ങൾക്കും കാരണമാവും അതുകൊണ്ടത് വിടർത്തിയിട്ട് മുടി ഉണങ്ങട്ടെ എന്ന് പറയും ഒരു അറുപത് എഴുപത് വയസ്സൊക്കെ ഉണ്ടെങ്കിൽ ഓർമ്മ കാണും വലിയമ്മ പറഞ്ഞതായിട്ട് മുപ്പത് നാൽപ്പതും ഉണ്ടെങ്കിൽ കാര്യമൊന്നുമില്ല കാരണം ചിലവർ കേട്ടിട്ടുണ്ടാവാൻ ഇടയില്ല അപ്പോൾ ആ കൊണ്ട അത് കറുത്തിരുണ്ട കൊണ്ട കാർമേഘം പോലെയുള്ള മുടിക്കെട്ടോടു കൂടിയാണ് എഴും കളങ്കമുണ്ട കണ്ടനെങ്കിലും കളങ്കത്തെ കണ്ടൻ അതൊരു പുരാണ ഭാഗമാണ് പാലാഴി കടയുമ്പോൾ ഒരുപാട് ദേവതകളൊക്കെ ഉണ്ടായി ഓരോരുത്തരും പെർകിക്കൊണ്ട് പോയി ലക്ഷ്മി വന്നു വിഷ്ണു അടിച്ചോണ്ടു പോയി അങ്ങനെയാണ് ആ ഐതിഹ്യം അപ്പം ഇതിനെല്ലാം അവകാശികളുണ്ടായി ഐരാവതം വന്നു ഇന്ദ്രൻ അടിച്ചോണ്ട് പോയി അവരൊക്കെ മുൻപിൽ കയറിയായി അടിച്ചുകൊണ്ട് പോയത് അവസാനം കാളകൂടം വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇവരെല്ലാം ഓടി വാസുകയിൽ നിന്ന് ക്ഷീണിച്ച് ഛർദിച്ചതാണ് ഈ കാളകൂടം അത് പുറത്തേക്ക് വമിക്കുന്നു എന്ന് വന്നപ്പോ ആരും തയ്യാറായില്ല അത് കഴുത്തിലേറ്റിയവനാണ് പരമകാരുണികനായ ഭഗവാൻ അതുകൊണ്ട് അദ്ദേഹത്തിൽ സർവവും ശുഭമാണ് കളങ്കമല്ല ഈ ഒരു അർത്ഥത്തിലാണ് അത് അശുഭമല്ല ആ കാളകൂടത്തെ അകത്താക്കിയവനെങ്കിലും കനിഞ്ഞുകൊള്ളുവാൻ കാരുണ്യത്തിനിരിപ്പിടമാണെന്ന് തെളിയിക്കുവാൻ ഇളമ്പിറക്കൊഴുന്നിരുന്നു മിന്നും കാളകൂടം മാത്രമല്ല ചന്ദ്രക്കലയെയും വഹിക്കുന്ന ആ തലയിലിരിക്കുന്ന ചന്ദ്രക്കല മിന്നിത്തിളങ്ങുന്നത് ഇയാൾ കാരുണ്യത്തിൻ്റെ ഇരിപ്പിടമാണ് ഇതും ആകത്ത് വഹിച്ചിട്ട് എന്ന് തോന്നിപ്പിക്കുമാറാണ് എന്ന് പറയുകയാണ് കാവ്യഭാവനയിലാണ് നല്ല രൂപകമാണ് സാഹിത്യമൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് രൂപകാലങ്കാരമൊക്കെ പഠിക്കാൻ ഏറ്റവും നല്ല രൂപകമാക്കൊടുത്തിരിക്കുന്നത് സാഹിത്യ പ്രാധാന്യമുള്ളത് കൂടിയാണ് ഭാഗ്യം കൊണ്ട് ആധുനിക കാലത്തെ വിദ്യാർത്ഥികൾക്ക് മലയാള ഭാഷ പഠിക്കാൻ പോലും ഇത്തരം കൃതികൾ കൊടുക്കുകയില്ല എന്ന് നിങ്ങളുടെ പരിണതപ്രജ്ഞരായ വിദ്യാഭ്യാസ ദുരന്തരന്മാർക്ക് നിർബന്ധമുള്ളതുകൊണ്ട് വിവരമേതായാലും അടുത്ത തലമുറയ്ക്ക് ഉണ്ടാകുമെന്നോർത്ത് പേടിക്കണ്ട കോളേജ് അധ്യാപകരും സ്കൂൾ അധ്യാപകരും ഒക്കെ കാണാം ഇതൊക്കെയാണെങ്കിൽ അധ്യാപകനും കുറച്ചൊക്കെ പ്രിപ്പയർ ചെയ്യേണ്ടി വരും കന്തകം പാതകം കൊലപാതകം വാഴ കൊലപാതകം എന്നെ പ്രിപ്പയർ ചെയ്യൊന്നും വേണ്ട ഞാൻ ഉണ്ടാക്കി കവിതയാണ് അത്യന്താധുനികവുമാണ് എന്നെ പ്രിപ്പയർ ചെയ്യണമെന്നില്ല അധ്യാപകന് നേരെ പഠിപ്പിക്കാം അതൊക്കെ പഠിക്കാനുണ്ടാവും അച്ഛൻ മുറ്റത്ത് മഴ പെയ്യുന്നു അച്ഛൻ മുറ്റത്ത് കിണ്ടിമുറ്റത്ത് വെള്ളം മുറ്റത്ത് കോണകം മുറ്റത്ത് അത്യന്താധുനികതയാണ് ഞാൻ ഉണ്ടാക്കി ചൊല്ലിയതല്ല അത് എം എക്ക് പഠിക്കാനുണ്ടെങ്കിൽ വിദ്യാർത്ഥിക്ക് വിഷമമില്ല പഠിപ്പിക്കുന്ന അധ്യാപകനും വിഷമമില്ല പരീക്ഷ എഴുതാൻ ഒരുപാട് നോട്ട് പ്രിപ്പയർ ചെയ്യുകയും പഴയ ഗ്രന്ഥങ്ങൾ തരുകയും ചെയ്യേണ്ട മനസ്സ് കൽപ്പനകളിലൂടെ കടന്നു വേണ്ട വൈകാരിക വ്യക്തിത്വത്തെ സമുജ്വലമാക്കുകയും വേണ്ട അമ്പിളിത്തല്ലും മുടിക്കെട്ടും ജഡാചൂടവും കാളകൂടവും ഗംഗയുമെല്ലാം നിൽക്കുന്ന ഒരു ശിവനെ കാണണമെങ്കിൽ ഭാരതഭൂമിയുടെ തെക്കയറ്റത്ത് നിന്ന് സമുജ്വലമായി കൈലാസത്തോളം ഉയർന്നു നിൽക്കുന്നത് ഭാവന ചെയ്യാൻ കഴിയണം ഒറ്റയടുക്കി ഭാവന ഉയരും വിദ്യാർത്ഥിക്ക് ആകാശത്ത് മിന്നുന്ന ചന്ദ്രനും ആകാശത്തു വന്നു ഭൂമിയിലൂടെ ഒഴുകുന്ന വിൺമൺ ഗംഗയും എല്ലാമിരിക്കുന്ന ആ ജടയിൽ എവിടെയോ ഒരു മൂലയിൽ ഞാനും ഉണ്ടെന്ന് അവന് തോന്നും കാര്യം ഇമാജിൻ ഞാനും അതിലെവിടെയോ ഒരിടത്തുണ്ട് ഒരണുവായി ആ വിഭുവിൽ